ും താമസിക്കരുത്യാറല്ലേ അവിടെ റൂം നമ്പർ മുപ്പത്തിനാലിൽ ഒരു മിസ്റ്റർ സോമൻ അല്ലേ ഉണ്ടല്ലോ ആലപ്പുഴക്കരൻ അതെ അതെ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ ആരാണ് എന്റെ പേര് സുമാരൻ നായർ എന്നാണ് നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് വിളിക്കൂർ ഹലോ അതാരാ സുമാരനോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം വിശേഷമൊക്കെ ധാരാളമുണ്ട് ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട വേഗം ഇവിടെ വരെ ഒന്ന് വരണം അതൊരു ആജ്ഞയാണല്ലോ എന്താണ് കാര്യം തന്റെ കാര്യം തന്നെ എത്രയും വേഗം താനിവിടെ എത്തണം ഒൻപതിന് അങ്ങോട്ടേക്ക് ഒരു ബസ് ഉണ്ടല്ലോ വേണ്ട താൻ ബസ്സിനൊന്നും നിൽക്കണ്ട ഒട്ടും സമയം കളയരുത് ഹോട്ടലിന്റെ മുൻപിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ താൻ അത് പിടിക്കണം എന്താ ഇത്ര വെപ്രാളം കാര്യം ഒന്ന് പറയണ്ട സുഹൃത്തേ കാര്യം കുറിച്ച് വലുത് തന്നെ പരമരഹസ്യം ഒട്ടും താമസിക്കരുത് എനിക്ക് വയ്യ അതിരാവിലെ എന്നെ പറ്റിക്കരുത് സോമാ താൻ വേഗം ഒന്നു വാ എനിക്ക് ഒക്കെ വേണ്ടേ കാപ്പിയൂടി ഇവിടെ മതി കുളിയൊക്കെ ഒരു പത്ത് മിനിറ്റിൽ തീർക്കണം അതിൽ കൂടുതൽ സമയം എടുക്കരുത് എട്ടരക്കകം താൻ ഇവിടെ ഉണ്ടായിരിക്കണം ശരി ശരി പക്ഷേ ഇത്ര എല്ലാം തന്റെ ഗുണത്തിന് തന്നെ തന്റെ പുതിയ ഡയറക്ടറും കുടുംബവും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ ചേച്ചിയും ഇതാണോ കാര്യം സുകുമാര ഈ വലിയ ആൾക്കാരുടെ കമ്പനി എനിക്കത്ര ഇഷ്ടമല്ല എന്നെ നിർബന്ധിക്കരുത് ഈ ഒഴു ദിവസം നമ്മൾ അദ്ദേഹത്തിന് ശല്യപ്പെടുത്തരുത് നിർത്തിടതന്റെ വേദാന്തം ഇനി ഒന്നും മിണ്ട എട്ടു മുൻപ് ഇവിടെ എത്തണം ബാക്കി കാര്യങ്ങളൊക്കെ നേരിൽ ഹലോ എൺപത്തിമൂന്ന് ഇരുപത്തിയാറ് ഹലോ എൺപത്തിമൂന്ന് ഇരുപത്തിയാറ് അല്ലേ അതേ ആര്യഭവൻ ഹോട്ടൽ ഹോട്ടൽ അവിടെ റൂം നമ്പർ മുപ്പത്തിനാലിൽ ഒരു മിസ്റ്റർ സോമൻ അല്ലേ അവിടെ റൂം നമ്പർ മുപ്പത്തിനാലിൽ ഒരു മിസ്റ്റർ സോമൻ ഇല്ലേ ൻ സാറല്ലേ ഉണ്ടല്ലോ ആലപ്പുഴക്കാരൻ സാറല്ലേ അതെ അതെ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ അതെ അതെ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ ആരാണ് ലൈനിൽ ആരാണ എന്റെ പേര് സുകുമാരൻ നായർ നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ ശരി സർ ശരി സർ സോമൻ സാറിത ലൈനിൽ സോമൻ സാറിത ലൈനിൽ ഹലോ അതാരാ ഹലോ അതാരാ സുമാരനോ സുമാരനോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം വിശേഷമൊക്കെ ധാരാളമുണ്ട് വിശേഷമൊക്കെ ധാരാളമുണ്ട് ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട താൻ വേഗം ഇവിടം വരെ ഒന്ന് വരണം രണം അതൊരു ആജ്ഞയാണല്ലോ എന്താണ് കാര്യം അതൊരു ആജ്ഞയാണല്ലോ എന്താണ് കാര്യം തന്റെ കാര്യം തന്നെ എത്രയും വേഗം താൻ ഇവിടെ എത്തണം തന്റെ കാര്യം തന്നെ എത്രയും വേഗം താൻ ഇവിടെ എത്തണം ഒൻപതിന് അങ്ങോട്ടേക്ക് ഒരു ബസ് ഉണ്ടല്ലോ ഒൻപതിന് അങ്ങോട്ടേക്ക് ഒരു ബസ് ഉണ്ടല്ലോ വേണ്ട താൻ ബസ്സിനൊന്നും നിൽക്കണ്ട ഒട്ടും സമയം കളയരുത് വേണ്ട താൻ ബസ്സിനൊന്നും നിൽക്കണ്ട ഒട്ടും സമയം കളയരുത് ഹോട്ടലിന്റെ മുൻപിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡില്ലേ ഹോട്ടലിന്റെ മുൻപിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡില്ലേ താൻ അതിലൊന്ന് പിടിക്കണം താൻ അതിലൊന്ന് അങ്ങ് പിടിക്കണം എന്താ ഇത്ര വ്യപ്രാളം എന്താ ഇത്ര വ്യപ്രാളം കാര്യമൊന്നു പറയേണ്ട സുഹൃത്തേ കാര്യമൊന്ന് പറയേണ്ട സുഹൃത്തെ കാര്യം കുറച്ച് വലുത് പരമരഹസ്യം താൻ ഒട്ടും താമസിക്കരുത് കാര്യം കുറച്ച് വരുത് പരമ രഹസ്യം താൻ ഒട്ടും താമസിക്കരുത് എനിക്ക് വയ്യ എനിക്ക് വയ്യ അത് രാവിലെ താൻ എന്നെ പറ്റിക്കരുത് അതിരാവിലെ താൻ എന്നെ പറ്റിക്കരുത് ഇല്ലൻറെ സോമ താൻ വേഗം ഒന്നു വാ ഇല്ല എന്റെ സോമ താൻ വേഗം ഒന്നു വാ എനിക്ക് കുളിയും കാപ്പിപുടിയും ഒക്കെ വേണ്ടേ എനിക്ക് കുളിയും കാപ്പിപുടിയും ഒക്കെ വേണ്ടേ ലിസൺ ആൻഡ് റിപ്പീ കാപ്പിപുടി ഇവിടെ മതി പ്പി കുടി ഇവിടെ മതി കുളിയൊക്കെ ഒരു പത്ത് മിനിറ്റിൽ തീർക്കണം കുളിയൊക്കെ ഒരു പത്ത് മിനിറ്റിൽ തീർക്കണം അതിൽ കൂടുതൽ സമയമെടുക്കരുത് അതിൽ കൂടുതൽ സമയമെടുക്കരുത് എട്ടരക്കകം താനിവിടെ ഉണ്ടായിരിക്കണം എട്ടരക്കകം താനിവിടെ ഉണ്ടായിരിക്കണം പക്ഷേ ഇത്ര ധൃതി എന്താണ് എല്ലാം തന്റെ ഗുണത്തിന് തന്നെ എല്ലാം തന്റെ ഗുണത്തിന് തന്നെ തന്റെ പുതിയ ഡയറക്ടറും കുടുംബവും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് തന്റെ പുതിയ ഡയറക്ടറും കുടുംബവും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ ചേച്ചിയും കൂട്ടുകാരാണത്രേ അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ ചേച്ചിയും കൂട്ടുകാരാണത്രേ ഇതാണോ കാര്യം ഇതാണോ കാര്യം സുകുമാര ഈ വലിയ ആൾക്കാരുടെ കമ്പനി എനിക്കത്ര ഇഷ്ടമല്ല സുകുമാര ഈ വലിയ ആൾക്കാരുടെ കമ്പനി എനിക്കത്ര ഇഷ്ടമല്ല എന്നെ നിർബന്ധിക്കരുത് എന്നെ നിർബന്ധിക്കരുത് ഈ ഒരു ദിവസവും നമ്മൾ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തരുത് ഈ ഒരു ദിവസവും നമ്മൾ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തരുത് നിർത്തിടവ് തന്റെ വേദാന്തം നിർത്തിടവ് തന്റെ വേദാന്തം താനിനി ഒന്നും മിണ്ട താനിനി ഒന്നും മിണ്ട എട്ടരയ്ക്ക് മുൻപ് ഇവിടെ എത്തണം എട്ടരയ്ക്ക് മുൻപ് ഇവിടെ എത്തണം ബാക്കി കാര്യങ്ങളൊക്കെ നേരിൽ ബാക്കി കാര്യങ്ങളൊക്കെ നേരിൽ ഡ്രിൽസ്റ്റേഷൻ ഡ്രിൽ താൻ അദ്ദേഹത്തിനെ വിളിക്കണം താൻ അദ്ദേഹത്തിനെ വിളിക്കണം നീ അവളെ വിളിക്കണം നീ അവളെ വിളിക്കണം ശാരെ നീ കുട്ടിയെ പിടിക്കണം ശാരദെ നീ കുട്ടിയെ പിടിക്കണം നീ എന്നെ വിളിക്കണ്ട നീ എന്നെ വിളിക്കണ്ട ആരും കുമാരിയെ പിടിക്കണ്ട ആരും കുമാരിയെ പിടിക്കണ്ട നിങ്ങൾ അവരെ വിളിക്കണ്ട നിങ്ങൾ അവരെ വിളിക്കണ്ട രാധെ നീ കുട്ടിയെ പറ്റിക്കരുതേ രാധെ നീ കുട്ടിയെ പറ്റിക്കരുത് രാമ താൻ എന്നെ ഒട്ടും നിർബന്ധിക്കരുതേ രാമ താൻ എന്നെ ഒട്ടും നിർബന്ധിക്കരുത് വാസു നീ ഇന്ന് താമസിക്കരുത് വാസു നീ ഇന്ന് താമസിക്കരുത് മോനെ നീ ചായ കുടിക്കരുത് പാല് കുടിക്ക് മോനെ നീ ചായ കുടിക്കരുത് പാല് കുടിക്ക് നിങ്ങൾ അങ്ങനെ നിൽക്കരുത് ഇവിടെ ഇരിക്കും നിങ്ങൾ അങ്ങനെ നിൽക്കരുത് ഇവിടെ ഇരിക്കും സതി നീ ആ പുസ്തകം കളയരുത് നന്നായി പിടിക്കെ സതി നീ ആ പുസ്തകം കളയരുത് നന്നായി പിടിക്കിൽ മോഡൽ വരണം വരണം വീട്ടിൽ വീട്ടിൽ വരണം എന്റെ വീട്ടിൽ വരണം എന്റെ വീട്ടിൽ വരണം രാവിലെ രാവിലെ പത്ത് മണിക്ക് എന്റെ വീട്ടിൽ വരണം നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ വീട്ടിൽ വരണം നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ വീട്ടിൽ വരണം നൗ ഫോളോ ദോഡൽ ചോദിക്കണ്ട ഇപ്പോൾ ഇപ്പോൾ ചോദിക്കണ്ട ഒന്നും ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട ആ കാര്യങ്ങൾ ഒന്നും ഇപ്പോൾ ചോദിക്കണ്ട നിർബന്ധിക്കരുതേ നിർബന്ധിക്കരുത് കമലയെ കമലയെ നിർബന്ധിക്കരുത് ആരും ആരും കമലയെ നിർബന്ധിക്കരുത് നിങ്ങൾ നിങ്ങൾ ആരും കമലയെ നിർബന്ധിക്കരുത് ഇന്നത്തേക്ക് ഇന്നത്തേക്ക് നിങ്ങൾ ആരും കമലയെ നിർബന്ധിക്കരുത് ശല്യപ്പെടുത്തണ്ട ശല്യപ്പെടുത്തണ്ട തൽക്കാലം ം ശല്യപ്പെടുത്തണ്ട അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ തൽക്കാലം ശല്യപ്പെടുത്തണ്ട നീ അദ്ദേഹത്തിനെ തൽക്കാലം ശല്യപ്പെടുത്തണ്ട രാജാ രാജാ നീ അദ്ദേഹത്തിന് തൽക്കാലം ശല്യപ്പെടുത്തണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ നീ കമലയെ പറ്റിക്കരുതേ രാധയെ നീ രാധയെ പറ്റിക്കരുത് മണിയെ െ പറ്റിക്കരുത് കുട്ടിയെ നീ കുട്ടിയെ പറ്റിക്കരുത് വേണുവിനെ വിളിക്കണോ മധുവിനെ മധുവിനെ വിളിക്കണോ സുഖുവിനെ െ വിളിക്കണോ മോഹുവിനെ മോഹുവിനെ വിളിക്കണോ നിങ്ങൾ അദ്ദേഹത്തിനെ നിർബന്ധിക്കണ്ട രാജ്യത്തിനെ നിങ്ങൾ രാജ്യത്തിനെ നിർബന്ധിക്കണ്ട അംബുജത്തിനെ നിങ്ങൾ അംബുജത്തിന് നിർബന്ധിക്കണ്ട പത്മത്തിനെ നിങ്ങൾ പത്മത്തിനെ നിർബന്ധിക്കണ്ട കുമാറിനെ പിടിക്കൂ സന്തോഷിനെ സന്തോഷിനെ പിടിക്കൂ അതിനെ അതിനെ പിടിക്കൂ ലാലിനെ ലാലിനെ പിടിക്കൂ അവരെ ശല്യപ്പെടുത്തരുത് എന്നെ എന്നെ ശല്യപ്പെടുത്തരുത് ഞങ്ങളെ ഞങ്ങള് ശല്യപ്പെടുത്തരുത് അവനെ അവന് ശല്യപ്പെടുത്തരുത് അവളെ അവള് ശല്യപ്പെടുത്തരുത് എല്ലാവരും ബാബുവിനെ പിടിക്കണം ഇദ്ദേഹം എല്ലാവരും ഇദ്ദേഹത്തിന് പിടിക്കണം ഞാൻ എല്ലാവരും എന്നെ പിടിക്കണം കുഞ്ഞ് എല്ലാവരും കുഞ്ഞിനെ പിടിക്കണം രാമൻ എല്ലാവരും രാമനെ പിടിക്കണം ലളിത എല്ലാവരും ലളിതയെ പിടിക്കണം അനു എല്ലാവരും അനുവിനെ പിടിക്കണം ഇവർ എല്ലാവരും ഇവരെ പിടിക്കണം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കിൻ ഇരിക്കിൻ നിങ്ങൾ രണ്ടുപേരും ഇരിക്കിൻ പോകിൻ നിങ്ങൾ രണ്ടുപേരും പോകിൻ വിളിക്കിൻ നിങ്ങൾ രണ്ടുപേരും വിളിക്കിൻ ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ രാജാ നീ ഇവിടെ വാ രാജ നീ ഇവിടെ വരണ്ട രാജാ നീ ഇവിടെ വരരുത് നൗ ഫോളോ ദോഡൽ മീരേ നീ വീട്ടിൽ പോരെ നീ വീട്ടിൽ പോകണ്ട മീരേ നീ വീട്ടിൽ പോകരുത് രാധെ നീ സ്കൂളിൽ എത്ത രാധെ നീ സ്കൂളിൽ എത്തണ്ട രാധെ നീ സ്കൂളിൽ എത്തരുത് രാഘവാ നീ ഹോട്ടലിൽ വാ രാഘവ നീ ഹോട്ടിൽ വരണ്ട രാഘവ നീ ഹോട്ടിൽ വരരുത് മണി നീ അവിടെ മണി നീ അവിടെ ഇരിക്കണ്ട മണി നീ അവിടെ ഇരിക്കരുത് മോഡൽ മധു ആ കാര്യം പറയണ്ട മധു ആ കാര്യം പറയരുത് നൗ ഫോളോ ദോഡൽ നന്ദിനി പുസ്തകം എടുക്കൂ നന്ദിനി പുസ്തകം എടുക്കണ്ട നന്ദിനി പുസ്തകം എടുക്കരുത് വാസു ഗോപുവിനെ വിളിക്കൂ വാസു ഗോപുവിനെ വിളിക്കണ്ട വാസു ഗോപുവിനെ വിളിക്കരുത് ചേച്ചി കുട്ടിയെ നിർബന്ധിക്കൂ ചേച്ചി കുട്ടിയെ നിർബന്ധിക്കണ്ട ചേച്ചി കുട്ടിയെ നിർബന്ധിക്കരുത് തോമസ് ആ വീട്ടിൽ നിൽക്കൂ തോമസ് ആ വീട്ടിൽ നിൽക്കണ്ട തോമസ് ആ വീട്ടിൽ നിൽക്കരുത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കരുത് കുട്ടികളെ നിങ്ങൾ അവരെ ശല്യപ്പെടുത്തി കുട്ടികളെ നിങ്ങളവിടെ ശല്യപ്പെടുത്തരുത് രാജവും രാധയും അവിടെ ഇരിക്കും രാജുവും രാധയും അവിടെ ഇരിക്കരുത് എല്ലാവരെയും നിർബന്ധിക്കും എല്ലാവരെയും നിർബന്ധിക്കരുത് മക്കളെ അച്ഛനെ വിളിക്കാൻ മക്കളെ അച്ഛനെ വിളിക്കരുത് മോഡൽ ഫോർ നിങ്ങൾ ആര് ഭവനിൽ നിങ്ങൾ ആര്യ ഭവനിൽ ഉണ്ടായിരിക്കരുത് നൗ ഫോളോ ദോഡൽ നിങ്ങൾ വിശേഷങ്ങൾ പറയണം നിങ്ങൾ വിശേഷങ്ങൾ പറയണ്ട നിങ്ങൾ വിശേഷങ്ങൾ പറയരുത് നിങ്ങൾ അവനെ വിടണം നിങ്ങൾ അവനെ വിടണ്ട നിങ്ങൾ അവനെ വിടരുത് നിങ്ങൾ എല്ലാവരെയും ശല്യപ്പെടുത്തണം നിങ്ങൾ എല്ലാവരെയും ശല്യപ്പെടുത്തണ്ട നിങ്ങൾ എല്ലാവരെയും ശല്യപ്പെടുത്തരുത് എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ നമ്മൾ കളയരുത് നമ്മൾ സമയം കളയരുത് ഒട്ടും നമ്മൾ ഒട്ടും സമയം കളയരുത് നൗ ഫോളോ മോഡൽ എല്ലാവരും പോകണം എല്ലാവരും ആഘോഷത്തിന് പോകണം പിറന്നാൾ എല്ലാവരും പിറന്നാൾ ആഘോഷത്തിന് പോകണം രാജുവിന്റെ എല്ലാവരും രാജുവിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോകണം കുട്ടികൾ പറയരുത് കാര്യങ്ങൾ കുട്ടികൾ കാര്യങ്ങൾ പറയരുത് വലിയവരുടെ കുട്ടികൾ വലിയവരുടെ കാര്യങ്ങൾ പറയരുത് നിങ്ങൾ നിർബന്ധിക്കരുത് ഒട്ടും നിങ്ങൾ ഒട്ടും നിർബന്ധിക്കരുത് എന്നെ നിങ്ങൾ എന്നെ ഒട്ടും നിർബന്ധിക്കരുത് ആരും നിങ്ങൾ ആരും എന്നെ ഒട്ടും നിർബന്ധിക്കരുത് റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കൂ അദ്ദേഹം ഇവിടെയില്ല നിങ്ങൾ ആരാണ് നൗ ഫോളോ ദ മോഡൽ അവിടെ ഒന്ന് നിർബന്ധിക്കൂ കുട്ടിയെ പിടിക്കൂ മോഡൽ ടു ആരും പുസ്തകം എടുക്കരുതേ അതെന്താ ആരുടേതാണ് പുസ്തകം നൗ ഫോളോ ദ മോഡൽ അവനെ ആരും ശല്യപ്പെടുത്തരുത് അവളെ അകത്തുവിടരുത് മോഡൽ ത്രീ ോ അമ്മാവൻ അകത്ത് വരണം നൗ ഫോളോ ദ മോഡൽ ഇവിടെ മുറി ഒഴിവുണ്ടോ നിന്റെ കയ്യിൽ ആ പുസ്തകമുണ്ടോ